ം പതിനെട്ട് അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ഷീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നാൽ ഇസ്രയേൽ മക്കളിൽ അവകാശം ഭാവിച്ച് കിട്ടാതിരുന്ന ഏഴ് ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും ഓരോ ഗോത്രത്തിന് മുമ്മൂന്ന് പേരെ നിയമിപ്പിയും ഞാൻ അവരെ അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി എന്റെ അടുക്കൽ മടങ്ങി വരേണം അത് ഏഴ് പങ്കായി ഭാഗിക്കണം യഹൂദ തന്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ യോസെഫിന്റെ കുലവും തന്റെ അതിർക്കകത്ത് വടക്കു പാർത്തുകൊള്ളട്ടെ അങ്ങനെ നിങ്ങൾ ദേശം ഏഴ് ഭാഗമായി കണ്ടെഴുതി ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവേ ഞാനിവിടെ നമ്മുടെ ദൈവമായ ഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്കു വേണ്ടി ചീട്ടിടും ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഇല്ലല്ലോ ഈ പൗരോഹിത്യം അവരുടെ അവകാശം ആകുന്നു ഖാദും രൂപേനും പാതി പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശ അവർക്കു കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ഷീലോവിൽ യഹോവയുടെ സന്നദ്ധിയിൽ വെച്ച് നിങ്ങൾക്കുവേണ്ടി ചീട്ടിടേണ്ടതിന് എന്റെ അടുക്കൽ മടങ്ങിവരികയും ചെയ്യുവേൻ എന്ന് പറഞ്ഞു അവർ പോയി ദേശത്തുകൂടി കടന്ന് നഗരവിവരത്തോടു കൂടെ ഒരു പുസ്തകത്തിൽ അത് ഏഴ് ഭാഗമായി എഴുതി ഷിലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങിവന്നു അപ്പോൾ യോശുവിലോവിൽ യഹോവയുടെ സന്നദ്ധിയിൽ വെച്ച് അവർക്കുവേണ്ടി ചിട്ടിട്ടു അവിടെ വെച്ച് യോശുവ ഇസ്രയേൽ മക്കൾക്ക് ഗോത്ര വിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചുകൊടുത്തു ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി നറുക്കുവന്നു അവരുടെ അവകാശത്തിന്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസെഫിന്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു വടക്കുഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കൽ തുടങ്ങി വടക്ക് യരിഹോവിന്റെ പാർശ്വം പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബെത്ത് ആവേൻ മരിഭൂമിയിങ്കൽ അവസാനിക്കുന്നു അവിടെ നിന്ന് ആ അതിർ ബേത്തൽ എന്ന ലൂസിന്റെ തെക്കുവശം വരെ കടന്ന് താഴത്തെ ബേത്ത്ഹോരോന്റെ തെക്കുവശത്തുള്ള മലവഴിയായി അതേരോ അദാരിലേക്ക് ഇറങ്ങുന്നു പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറെ വശത്ത് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദാ പട്ടണമായ കിരിയത്ത് എയാരീം എന്ന കിരിയത് ബാലയിങ്കൽ അവസാനിക്കുന്നു ഇതുതന്നെ പടിഞ്ഞാറെ ഭാഗം തെക്കേ ഭാഗം കിരിയത് എയാരീമിന്റെ അറ്റത്ത് തുടങ്ങി പടിഞ്ഞാറോട്ട് നെക്തോഹ വെള്ളത്തിന്റെ ഉറവുവരെ ചെല്ലുന്നു പിന്നെ ആ അതിർ ബെൻഹിന്നോം താഴ്വരയ്ക്കെതിരെയും രഫായിം താഴ്വരയുടെ വടക്കുവശത്തുമുള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടി തെക്കോട്ട് യബൂസ്യ പർവ്വതത്തിന്റെ പാർശ്വം വരെയും വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ശമേഷിലേക്കും അദൂമ്മിങ് കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്ന് രൂപന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ ഇറങ്ങി അരാബയ്ക്കെതിരെയുള്ള മലഞ്ചെരുവിലേക്ക് കടന്നു അരാബയിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്നു പിന്നെ ആ അതിർ വടക്കോട്ട് ബേത്ഹോഗ്ലയുടെ മലഞ്ചെരുവുവരെ കടന്ന് തെക്ക് യോർദാന്റെ അഴിമുഖത്ത് ഉപ്പുകടലിന്റെ വടക്കേയറ്റത്ത് അവസാനിക്കുന്നു ഇത് തെക്കേ അതിർ അതിന്റെ കിഴക്ക് അതിർ യോർഡാനാകുന്നു ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിരുകൾ എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എരിഹോ ബേത് ഹോഗ്ല എമേക് കെസിസ് ബേത്ത് സെമാറയിം ബേത്തേൽ അവം പാര ഒഫ്ര കെഫാർ അമ്മൂനി ഒഫ്നി ഗേബ ഇങ്ങനെ പന്ത്രണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങൾ ഗിബയോൻ രാമ ബേരോത് മിസ്പേൽ കെഫീര മോസ രേക്കം ഇർപേൽ തരല സേല ഏലഫ് എരുശാലേം എന്ന യബൂസ്യ നഗരം ശിബയത്ത് കിരിയത്ത് ഇങ്ങനെ പതിനാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം